എനിക്കിന്നലെ രാത്രി ഒട്ടും ഉറക്കമില്ലായിരുന്നു ലെസൺ സാഹുവിനെ ഞങ്ങളുടെ ആഹാര രീതിയൊക്കെ ഇഷ്ടമായോ പിന്നെന്താ വലിയ സദ്യ ആയിരുന്നല്ലോ എനിക്ക് വളരെ ഇഷ്ടമായി എരിശേരിയും മത്തങ്ങ ഓലനും ഒക്കെ എനിക്ക് പുതിയ കറികളാണ് ഇതൊന്നും ഞങ്ങളുടെ ഒറീസയിലില്ല ഇവിടത്തെ ആ ഹോട്ടലിൽ പോലും ഇല്ലായിരുന്നു അത് ശരിയാണ് ഇതൊക്കെ സാമ്പാറിൻറെയും അവയലിന്റെയും അത്ര സാധാരണ കറികളല്ല നായർ ആ ഹോട്ടലിലെ ആഹാരമൊക്കെ വളരെ നന്നായിരുന്നു പക്ഷെ വേറെ എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്കിന്നലെ രാത്രി ഒട്ടും ഉറക്കമില്ലായിരുന്നു വല്ലാത്ത ഒരു തലവേദന തീരെ വയ്യായിരുന്നു ഇന്ന് കുറച്ച് ഭേദമുണ്ട് എന്നാലും എന്തെങ്കിലും മരുന്ന് വേണോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അമൃതാജനം വേണോ വിക്സ് വേണോ എന്തെങ്കിലും മതി പിന്നെ ഏതെങ്കിലും ഗുളികയും വേണമായിരിക്കും അല്ലേ എന്റെ കയ്യിൽ സാരിഡോൺ ഉണ്ട് എനിക്ക് ഗുളികയൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഗുളിക സ്റ്റോക്ക് ഉണ്ടായിരിക്കുമോ ചിലതൊക്കെ ഉണ്ടായിരിക്കും മിനിങ്ങാന്നു വരെ എനിക്കും വയ്യായിരുന്നു ഒരാഴ്ചയോളം നല്ല പനിയും ജലദോഷവും ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊന്നും ഉണ്ട് സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ക്ലിനിക്കുകളും ഒക്കെയുണ്ട് എന്റെ ചേച്ചി പോലും ഒരു ഡോക്ടറാണ് അങ്ങനെയാണെ ഇവിടെ മരുന്നുകളൊക്കെ റെഡി അത് ശരി പക്ഷെ അച്ഛന് മാത്രം അതിലൊന്നും വിശ്വാസമില്ല അമ്മയുടെ നാടന് മരുന്ന് തന്നെ അച്ഛന് നല്ലത് എന്താണത് ഒന്നാം കുരുമുളക് കാപ്പിയും ചുക്ക് വെള്ളവും ിസൺ ആൻഡ് റിപ്പീറ്റ് സാഹുവിനെ ഞങ്ങളുടെ ആഹാര ഇഷ്ടമായോ സാഹുവിനെ ഞങ്ങളുടെ ആഹാര ഇഷ്ടമായോ പിന്നെന്താ പിന്നെന്താ വലിയ സദ്യ ആയിരുന്നല്ലോ വലിയ സദ്യ ആയിരുന്നല്ലോ എനിക്ക് വളരെ ഇഷ്ടമായി എനിക്ക് വളരെ ഇഷ്ടമായി എരിശ്ശേരിയും മത്തങ്ങ ഓലനും ഒക്കെ എനിക്ക് പുതിയ കറികളാണ് എരിശ്ശേരിയും മത്തങ്ങ ഒലനും ഒക്കെ എനിക്ക് പുതിയ കറികളാണ് ഇതൊന്നും ഞങ്ങളുടെ ഒറീസയിലില്ല ഇതൊന്നും ഞങ്ങളുടെ ഒറീസയിലില്ല ഇവിടത്തെ ആ ഹോട്ടലിൽ പോലും ഇല്ലായിരുന്നു ഇവിടത്തെ ആ ഹോട്ടലിൽ പോലും ഇല്ലായിരുന്നു അത് ശരിയാണ് അത് ശരിയാണ് ഇതൊക്കെ സാമ്പാറിന്റെയും അവിയലിന്റെയും അത്ര സാധാരണ കറികളല്ല ഇതൊക്കെ സാമ്പാറിന്റെയും അവിയലിന്റെയും സാധാരണ കറികളല്ല നായർ ആ ഹോട്ടലിലെ ആഹാരമൊക്കെ വളരെ നന്നായിരുന്നു ായർ ആ ഹോട്ടലിലെ ആഹാരമൊക്കെ വളരെ നന്നായിരുന്നു പക്ഷേ വേറെ എന്തോ ഒരു കുഴപ്പമുണ്ട് പക്ഷേ വേറെ എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്കിന്നലെ രാത്രി ഒട്ടും ഉറക്കമില്ലായിരുന്നു എനിക്കിന്നലെ രാത്രി ഒട്ടും ഉറക്കമില്ലായിരുന്നു വല്ലാത്ത ഒരു തലവേദന വല്ലാത്ത ഒരു തലവേദന തീരെ വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു ഇന്ന് കുറച്ച് ഭേദമുണ്ട് ഇന്ന് കുറച്ച് ഭേദമുണ്ട് എന്നാലും എന്തെങ്കിലും മരുന്ന് വേണം എന്നാലും എന്തെങ്കിലും മരുന്ന് വേണം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ അമൃതാഞ്ജനം വേണോ വിക്സ് വേണോ അമൃതാഞ്ജനം വേണോ വിക്സ് വേണോ എന്തെങ്കിലും മതി എന്തെങ്കിലും മതി പിന്നെ ഏതെങ്കിലും ഗുളികയും വേണമായിരിക്കും പിന്നെ ഏതെങ്കിലും ഗുളികയും വേണമായിരിക്കും അല്ലേ എന്റെ കയ്യിൽ സാരിഡോൺ ഉണ്ട് എന്റെ കയ്യിൽ സാരിഡോൺ ഉണ്ട് എനിക്ക് ഗുളിക ഒന്നും വേണ്ട എനിക്ക് ഗുളിക ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഗുളിക സ്റ്റോക്ക് ഉണ്ടായിരിക്കുമോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഗുളിക സ്റ്റോക്ക് ഉണ്ടായിരിക്കുമോ ചിലതൊക്കെ ഉണ്ടായിരിക്കും ചിലതൊക്കെ ഉണ്ടായിരിക്കും മിനിങ്ങാന്ന വരെ എനിക്കും വയ്യായിരുന്നു മിനിങ്ങാന്ന എനിക്കും വയ്യായിരുന്നു ഒരാഴ്ചയോളം നല്ല പനിയും ജലദോഷവും ഉണ്ടായിരുന്നു ഒരാഴ്ചയോളം നല്ല പനിയും ജലദോഷവും ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊന്നും ഡോക്ടർമാരില്ലേ ഇവിടെ അടുത്തൊന്നും ഡോക്ടർമാരില്ലേ ഉണ്ട് സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ക്ലിനിക്കുകളും ഒക്കെയുണ്ട് ർക്കാര് ആശുപത്രിയും പ്രൈവറ്റ് ക്ലിനിക്കുകളും ഒക്കെയുണ്ട് എന്റെ ചേച്ചി പോലും ഒരു ഡോക്ടറാണ് എന്റെ ചേച്ചി പോലും ഒരു ഡോക്ടറാണ് അങ്ങനെയാണെ ഇവിടെ മരുന്നുകളൊക്കെ റെഡി അങ്ങനെയാണ് ഇവിടെ മരുന്നുകളൊക്കെ റെഡി അത് ശരി അത് ശരി പക്ഷെ അച്ഛന് മാത്രം അതിലൊന്നും വലിയ വിശ്വാസമില്ല പക്ഷെ അച്ഛന് മാത്രം അതിലൊന്നും വലിയ വിശ്വാസമില്ല അമ്മയുടെ നാടന് തന്നെ അച്ഛന് നല്ലത് അമ്മയുടെ നാടന് തന്നെ അച്ഛന് നല്ലത് എന്താണത് എന്താണത് ഒന്നാം തരം കുരുമുളക് കാപ്പിയും ചുക്ക് വെള്ളവും ഒന്നാം തരം കുരുമുളക് കാപ്പിയും ചുക്ക്